അവർ നിന്നോട് തർക്കിക്കുകയാണെങ്കിൽ പറയുക ഞാൻ എൻറെ മുഖത്തെ അള്ളാഹു സുബഹാനഹൂവത്ത് ആയാലയുടെ മുൻപിൽ സമർപ്പിച്ചു എന്നെ പിന്തുടരുന്നവരും അങ്ങനെ തന്നെ വേദം നൽകപ്പെട്ടവരോടും അക്ഷരജ്ഞാനമില്ലാത്തവരോടും പറയുക നിങ്ങൾ സമർപ്പിച്ചു അവർ സമർപ്പിച്ചുവെങ്കിൽ അവർ സന്മാർഗത്തിലായിരിക്കുന്നു അവർ പിന്തിരിഞ്ഞുപോയാൽ നിങ്ങൾക്കറിയിച്ചു കൊടുക്കൽ മാത്രമേയുള്ളൂ അള്ളാഹുസുബാനഹുവറ്റ് അയല തന്റെ ദാസന്മാരെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവരാകുന്നു